الحمد لله الحمد لله الذي خلق الانسان من نطفه امشاجا نبطلي فجعل الله سميعا بصيرا ثم ما هذا السبيل انما شاكرا وانما تفورا واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ومولانا محمدن نبوته ورسوله ارْسَلَهُ كَافَتَ لِلنَّاسِ بَشِيرًا وَنَذِيرًا اللَّهُمَّ يَا وَاهِبَ الرِّزْقِ وَيَا وَاهِبَ الْخَيْرِ وَالْجُودِ أَفِلَا عَلَيْنَا أَنْوَارَ رَحْمَتِكَ وأسيل لن الوصول الى تمام معرفتك وأوصي أمري الى الله وأوفو أمري الى الله وأوفو أمري الى الله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 يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغ الرساله واذئن اللمانا ونسهد امه وَأَقِمِ الصَّلَاةَ وَاجِهْتَ بِسَبِيلِ رَبِّكَ حَقَّ الْقِبْلَةِ وَأَمُرْ بِالْمَعْرُوفِ وَانْهَ عَنِ الْمُنكَرِ وَاعْبُدْ رَبَّكَ حَتَّىٰ يَأْتِيَ الْيَقِينُ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله الرحمن الرحيم ونفخ في الصور فإذا هم من اللجذاذ الى ربهم يسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما بعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محورون فاليوم لا تظلم نفس شيئا ولا تجدون الا ما كنتم تعملون صدق الله صدق الله مولانا الذي العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا واسوتنا محمد صلى الله عليه وسلم قَوَّلَ اللَّهُ الَّذِي لَا إِلَهَ إِلَّا هُوَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ خَاصًّا وَإِلَى النَّاسِ كَافَّةً فَوَاللَّهِ لَتَمُوتُنَّ كَمَا تَنَامُونَ وَلَتُبْعَثُنَّ كَمَا تُصْعَقُونَ وَلَتُجَزَوُنَّ بِالْإِحْسَانِ إِحْسَانًا وَبِالسُّوءِ سُوءًا സദകര സോലഹു നബിയുൽ മുസ്തഫലീൻ പര ആഹു ആ فسقاه كل سمحبه تسنيما صلوا عليه وسلموا تسليما وعليك حب يا رسول الله وعليك حفي يا رسول ൗഗല യസോലൗനി ല സലഹീ മി തൂ സു ഇജലാലി മാ ഇക്കണ്ട വിശാല മാംപിംഗല മുറ്റ തിങ്കൾ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമാടിടും ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുറ്റിയും നിത്യമുരുട്ടിടും പ്രപഞ്ച ശിൽപി ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുത്തിയും നിത്യം ഉരുട്ടിടും പ്രപഞ്ചശിൽപി നിന്നിലർപ്പിക്കും നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാലേട്ടുവാങ്ങോ സ്നേഹ ബഹുമാനാൾ നടന്ന സഹോദരങ്ങളെ സഹോദരിമാരെ സ്ലാമലൈക്കും ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം സർവലോകിട്ടാവും സർവലോക പരിപാലകനും സർവസംഹാരകനും സർവാധിപതിയും സർവാധിനാഥനും സർവേശ്വരനും സർവസ്വവുമായ അള്ളാഹു സുബാന വിശിഷ്യമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കണ്ടു നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകില്ല ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകരും വഴിപ്പെട്ടി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ് ുംഹാല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരീ സഹോദരന്മാർ ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭിതയാകാംക്ഷു എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജിസിൽ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്യരായ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ വഴികാട്ടികൾ എല്ലാവരുടെയും കപലങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ മണ്ണറകളെ അള്ളാഹു മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ പല ലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സംതൃപ്തിയിലുമായി അള്ളാഹു സുഖാനഭൂവത്ത് ആലാ കപൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതു ആയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം ആരംഭിച്ച ത്രിദിന പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണ് ആദ്യ ദിവസം ലോകാവസാനത്തിന്റെ അള്ളാഹുവിന്റെ പ്രവാചകം നമ്മോട് മുന്നറിയിപ്പ് നൽകിയ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമടക്കമുള്ള ലോകാവസ്ഥാനത്തിന്റെ അടയാളങ്ങൾ നാം പറഞ്ഞു ഇന്നലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു വലൈഹി വസല്ലമ്മ അവിടുത്തെ തിരുപ്പൊരുളുകളിലൂടെ നമുക്ക് പകർന്നു തന്ന ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങൾ അറസയിലുണ്ടാകുന്ന ഭൂകമ്പം കഴുബയുടെ പൊളിക്കലടക്കമുള്ള അവസാനം ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളമായി കഴിവാലയം പൊളിക്കപ്പെടുകയും കഴുബാലയത്തിന്റെ കല്ലുകൾ ജിദ്ദ കടലിടുക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടു ഇസ്ലാമിക സമൂഹത്തിന്റെ എന്നല്ല ലോകത്തിന്റെ മുഴുവനും നിലനിൽപ്പാണ് എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തിയ ജഹലല്ലാ ഉൽ കഴബത്തൽ ഹറാമിയ ലോക സമൂഹത്തിന് നിർഭയത്വവും നിലനിൽപ്പുമാണ് കഴബ എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആാന്റെ വാക്യത്തിന്റെ അകംപൊരു പോലെ തന്നെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടുപോയ സമൂഹത്തെ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം തുറന്ന കാകളത്തിൽ ഒന്നാമത് ഊതി കഴിയുമ്പോൾ ലോകം അവസാനിക്കുകയും സൂര്യൻ ചുരുട്ടപ്പെടുകയും നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീടുകയും അന്തരീക്ഷം മുഴുവനും പൊട്ടിപ്പിളർന്ന് തകർന്ന് തരിപ്പണമായി ഭൂമി കിടുകിടാവിറച്ച് ഭൂമിയുടെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങൾ മുഴുവനും വെളിയിലോക്കിടങ്ങി വന്യമൃഗങ്ങളും വടപക്ഷങ്ങളും പർവ്വതങ്ങളും പൊട്ടിത്തെറി ചട്ടഹാസത്തോടെ മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നു വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞതുപോലെ ഗർഭിണികളും പോലും അറിയാതെ പ്രസവിച്ചു പോകുന്ന മടിത്തു പാലൂട്ടുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടുമ്മമാരു നിസ്സഹായതയോടെ നിലവിളിച്ചോടുന്ന ലോകത്തിലെ ഏറ്റവും ഭീകരമായ ദൃശ്യമായ കിയാമത്ത് നാളിന്റെ അവസാന ഭാഗം പറഞ്ഞാണ് നാം ഇന്നലെ പിരിഞ്ഞത് പിരിയാൻ പറഞ്ഞിരുന്നു ലോകാവസാനവുമായി ബന്ധപ്പെട്ട് കുർആാൻ പറയുന്ന ഇതം ത്വൽ ത്വ ഖുർആൻ പറയുന്ന സൂര്യൻ ചുരുട്ടപ്പെടുക നക്ഷത്രങ്ങൾ ഉതിർന്നു താഴോട്ട് വീഴുക എന്നതടക്കമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ എങ്ങനെയാണ് ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ് നാം ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ തലങ്ങളിലേക്കും അതിന്റെ ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട് ഇന്നലെയും നീങ്ങാനും ശ്രീ സൌകിൽ ഖുർആആൻ ഇവൽ ഹദീസ് ഖുർആാന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലാണ് നാം സംസാരിച്ചത് നാം എല്ലാവരും ആധുനികർ എന്നതിനപ്പുറം അത്യന്താധുനികരായി മാറുന്ന ഒരു കാലത്ത് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രത്തിന്റെ നിഗമനം എന്താണ് എന്ന് കാതോർത്തിരിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം അള്ളാഹു മകന്റെ പ്രവാചകനും പറയുന്നതിനപ്പുഴം ശാസ്ത്രം എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്ന അബദ്ധജടിലമായ ഇന്നൊന്ന് പറയുകയും നാളെ മാറ്റിപ്പറയുകയും ചെയ്യുന്ന സ്ഥിരതയില്ലാത്ത ശാസ്ത്രത്തിന്റെ അഭിപ്രായങ്ങളെ വലിയ വേദാന്തങ്ങളായി കാണുന്നവരാണ് അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് ഏറെ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടും ലോകാവസാനം വിളിച്ചുവരുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ സംജാതമാകുന്നുണ്ടോ എന്ന് ഒരു സമകാലീന ചുവരെടുത്തുകൂടി നാം മനസ്സിലാക്കേണ്ടത് ഇൻഷല്ല നന്നായിട്ട് കേട്ടിരിക്കുക നാം വളരെ നിരുപദ്രവകാരം എന്ന് പറഞ്ഞ് വലിയ അഭിമാനത്തോടെ നാം ചെയ്യുന്ന കാര്യമാണ് ലോകാവസാനത്തോടനുബന്ധിച്ച് പ്രപഞ്ചം തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണം എന്ന് നാം മനസ്സിലാക്കുക ഇതിന്റെ വെളിച്ചത്തിലൂടെ പറഞ്ഞ് അവസാനം ഇൻഷാള്ളാ ഇസ്രാഫീദ് സൂറന്ന ഗാഗലത്തിലെ രണ്ടാമതൂതുന്നത് വരെ സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പറഞ്ഞ് ഇന്ന് ബഹുമാനനായ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൾ ഖദ്ദസാഹ്സഹുലജീ മഹാനവറുകളുമായി ബന്ധപ്പെട്ട സ്മരണീയ പ്രഭാഷണ പരമ്പരയുടെ സമാപനമാണ് അവസാനം പ്രത്യേകം സലാത്തല്ലി ഇൻഷാള്ള നല്ല ഒരു ദ്വായുടെ സദസ്സുകൂടി ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞതിന് ഓരോ ദിവസവും ശ്രോതാക്കൾ കൂടി ൂടി വരുന്ന ആവേശത്തിന്റെ ഒരു അലകടലുപോലെ ഈ വിഷയം നിങ്ങൾ കേട്ടവരെല്ലാവരും നെഞ്ചിലേത്തി അതൊരു ചർച്ചാ വിഷയമായി എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് കൂടുതൽ ആമുഖത്തിന്റെ ആവർത്തന വിരസതകളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മാത്രമല്ല ഈ ബഹുമാനപ്പെട്ട ജയിലാനി റഹ്മുള്ള ഈ അനുസ്മരണ പ്രഭാചനത്തിന് തന്നെ ഇത് പറയേണ്ട സൂര്യൻ തകരുന്നതെങ്ങനെ ആര് തകർക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെയുള്ളൊരു വലിയ സ്നേഹമായിരിക്കും കാരണം മഹാനായ മൊഹീദീഷിന്റെ ഒരു വാക്കുണ്ട് അന്ധ തക്കൂലു രാജി രാഹുല്ല അന്ധ തത്വ കൽപിക്കുമല്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ കാദുൽ പറഞ്ഞു നീ ജീവിതത്തിൽ അള്ളാഹുവല്ലാതെ ഒരു രാഹില്ല അള്ളാഹുവല്ലാതൊരു ഹാലിക്കില്ല അള്ളയല്ലാതെ റാസിക്കില്ല അള്ളാഹുവല്ലാതൊരു ജമാലില്ല അള്ളാഹുവല്ലാതെ ഒരു കമാലില്ല അള്ളാഹുവല്ലാതൊരു ഷാഫി ഇല്ല അള്ളഹ അല്ലാതെ ഒരു കാഫി ഇല്ല അള്ളയല്ലാതെ ഒരു റാഫ ഇല്ല എന്നെല്ലാം നീ ജീവിതത്തിൽ പലപ്രാവശ്യം ലായിരാഗില്ല ാരത്തിനേഷം പത്ത് പ്രാവശ്യം ഉറക്കപ്പുറയും മരണവീട്ടിൽ എഴുപതിനായിരം പ്രാവശ്യം ആവർത്തിച്ചു പറയും ഇതൊക്കെ നീ നാവുകൊണ്ട് പറയുമ്പോഴും ഞാൻ പറയുന്നു നീ പറയുന്നത് പച്ചക്കള്ളവാണ് ഒരാൾ ബഹുമാനപ്പെട്ട മുഹീദി സേഖിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഒരാൾ എഴുപതിനായിരം രാജരാഹൽ എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുഹീദി സേഖ് പറഞ്ഞു ഞാൻ പറയും നീ എഴുപതിനായിരം കള്ളം പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം കാരണം നാവ് നീ അത് പറയുമ്പോഴും വപ്പി കൽവിക്ക ജമാൽ ആലിഹാദ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവല്ലാത്ത പരകോടി ദൈവങ്ങളെ പൊതിപ്പിച്ചിട്ട നീ നാസുകൊണ്ടുവരുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു വല്ലാടെ ആയിരം കോടി ശക്തികളുണ്ട് അവരെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രതിട്ടിച്ചിട്ട് വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി നാവ് നീ വെറുതെ പറയുന്നതാ ലാ ഇരാഹ ഇല്ലാ അതിന്റെ അർത്ഥമെന്താന്ന് നീ നിന്റെ മനസ്സിലോട്ടിറക്കി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദീൻ സീഹ് പറഞ്ഞ എന്നതിന്റെ അർത്ഥ പരമാർത്ഥം കൂടിയാകും ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ അനുമതിയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകര എന്ന വിഷയത്തിന്റെ പരിസമാപ്തിയിലേക്ക് ഞാൻ കുറിക്കുകയാണ് അള്ളാഹു നാം പറഞ്ഞ കാര്യങ്ങളിൽ ചിന്തിക്കുവാനും അതിലൂടെ ആ ചിന്തയിലൂടെ പരലോകമെന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കുള്ള പാതയമായി സ്വീകരിക്കാനും അള്ളാഹു സൌഫയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ടത് കൊളംബസ് ഡിസ്കവേഡ് അമേരിക്ക കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ് പ്രാഥമിക പാഠശാലകളിൽ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു വരുന്നവരാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിനു മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും വലിയ സാമ്രാജ്യത്വം സ്പെയിനായി ആ കാലഘട്ടത്തിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്പെയിൻ രാജവംശത്തിന്റെ അവകാശവാദം ലോകത്തിന്റെ അതിർത്തി സ്പെയിൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നുമില്ല സ്പെയിനിലാണ് ലോകം അവസാനിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നൊരു അവകാശവാദം സ്പെയിൻ വെച്ചു അതുകൊണ്ട് തന്നെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്പെയിൻ രാജവംശത്തിന്റെ രാജമുദ്ര തന്നെ ഹെർപ്പുരിയൻ സ്തംഭങ്ങളും അതിന്റെ താഴഭാഗത്ത് സ്പാനിഷ് ഭാഷയിൽ നെ പ്ലസ് അൾട്ര എന്ന് എഴുതി വെച്ചിരുന്നു നെ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ടൊന്നുമില്ല സ്പെയിനോടുകൂടി എല്ലാം അവസാനിച്ചു അതിന്റെ അർത്ഥം സ്പെയിനോടുകൂടി എല്ലാം അവസാനിച്ചു ഇനി ഒന്നും ഈ ലോകത്ത് അറിയാനില്ല കണ്ടുപിടിക്കാനില്ല എന്ന അഹങ്കാരത്തോട് സ്പെയിന്റെ രാജവംശം നിലനിൽക്കുമ്പോഴാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ സ്പെയിൻ രാജവംശം അവരുടെ രാജമുദ്രയിൽ നിന്ന് നെ പ്ലസ് അൾട്ര എന്നെഴുതിയ വാക്കിൽ നിന്ന് നെ എന്ന് പറയുന്ന വാക്ക് വെട്ടിമാറ്റി പ്ലസ് അൾട്ര എന്നാക്കി അതിന്റെ അർത്ഥം ഇനി പലതും കണ്ടുപിടിക്കാനുണ്ട് എന്ന ഇനിയൊന്നും അങ്ങോട്ടില്ല എന്ന് വിചാരിച്ചവർ ഒരു രാജ്യം കൂടി കണ്ടുപിടിച്ചപ്പോൾ അവരുടെ ചുവടു മാറ്റി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലുമൊക്കെ ലോകത്തിലെ അറിവുണ്ട് എന്ന് അഹങ്കരിച്ചിരുന്ന ആ വിവരമുണ്ട് എന്ന് അഹങ്കരിച്ച ആളുകളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു നെ പ്ലസ് അൾട്ര ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇനി അറിയാനുള്ള അറിവിന്റെ പാരമ്യതയിലേക്ക് ഞങ്ങൾ കടന്നുപോയി എന്ന് അഹങ്കരിച്ച ഒരു സമൂഹം ഈ ലോകത്തുണ്ടാകുമ്പോഴാണ് അതിന്റെ പിന്നീടാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് കാലുകുത്തുന്നതും അധിരാകാശ ഗവേഷണങ്ങൾ നടക്കുന്നതും തങ്ങൾ അറിഞ്ഞതിനേക്കാൾ അറിയാത്തതാണ് കൂടുതലുണ്ട് എന്ന ചിന്ത മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലേക്ക് ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലോട്ട് കടന്നുവന്നത് ലോകത്ത് മനുഷ്യനല്ലാത്ത മനുഷ്യേതര സിട്ടിപ്പുകൾ മുഴുവനും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുമ്പോ കാശവും ഭൂമിയും ആകാശഭൂമികളുടെ ഇടയിലുള്ളതെല്ലാം ഏകനായ വാഹു സുഗാന ഭൂപത്താലായി ഭൂലോകത്ത് പ്രപഞ്ചത്ത് സിട്ടിച്ചു വെച്ച എല്ലാം അതൊരു തുരുമ്പാണെങ്കിൽ പോലും ആ തുരുമ്പിന്റെ ഇടയിലെ സിട്ടിപ്പിന്റെ ഇടയിലും മനുഷ്യന് നൽകാൻ വലിയ സന്ദേശമുണ്ടെന്ന് വാഹുവിന്റെ വിശുദ്ധമായ കുർആാൻ പറയുമ്പോ ഓരോന്നും പഠിക്കുന്നതോറും അറിയുന്നതോറും മനുഷ്യനൊന്നും അറിയാത്തവനാണെന്ന് തോന്നലുണ്ടാകുമ്പോ വിശുദ്ധമായ ഖുറാൻ ലോകാവസാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ മാറ്റങ്ങൾ പ്രാപഞ്ചിക ചർച്ചകൾക്കുണ്ടാകുന്ന തകർച്ചകൾ അതുമായുള്ള പഠനത്തിലേക്ക് കടന്നതെല്ലാം ഇസ്ലാമിക സമൂഹം തയ്യാറാകേണ്ടതുണ്ട് സൂര്യൻ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ എങ്ങനെയാണ് ചുരുട്ടപ്പെടുന്നത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീടുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് എന്ന് ഏറ്റവും കൂടുതൽ പഠന മനന നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹമാണ് പക്ഷെ എന്തുകൊണ്ടോ അക്കാര്യത്തിൽ നമ്മുടെ സമൂഹം പലപ്പോഴും പിന്നോക്കം പോകുന്നു എന്നത് ഖേദകരമായൊരു വസ്തുതയാണ് എന്റെ ഇന്നത്തെ പ്രഭാഷണം ആദ്യം ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് കേട്ട് സഹിച്ചേ പറ്റൂ കാരണം ഇച്ചിരി ശാസ്ത്രമൊക്കെ വരും കാരണം അത് പറയാതെ ലോകാവസാനം പറയാതെ വൃത്തിയല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ കൊഴപ്പൊന്നുമില്ലല്ലോ എല്ലാവരും ഏതും കേൾക്കാൻ തയ്യാറായി വന്നവരാ അത് കഴിഞ്ഞിട്ടേ ഇന്നലെ ആ നിർത്തിയെടുത്തുനിന്ന് പിന്നെ മലക്കുകൾ മരിക്കോ ജിപിരിയിൽ മരിക്കൂ ഇശ്രാദിയിൽ മരിക്കൂ എന്നുള്ള ചർച്ചയൊക്കെ വരൂ ആദ്യം നമുക്ക് മനസ്സിലാകണം നമ്മൾ ലോകാവസാനത്തിന്റെ അടുത്താണോ ഈ ആകാശം നമ്മോട് പറയുന്നത് എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു സുബാനാ വിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് ആകാശത്തെ സൃഷ്ടിച്ചത് ഞാനാണ് ഭൂമിയെ സൃഷ്ടിച്ചത് ഞാനാണ് ഈ ആകാശഭൂമികളുടെ ഇടയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണെന്നല്ല പറയുമ്പോ എന്തിനാണ് അള്ളാഹു ഇതിനെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചാ പോലായിരുന്നു ആകാശം എന്തിനാണ് ഭൂമി اللهُ تَنَزَّلَ بِهِ كَأَنَّهُ غَاوَ مَا خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا لَاحِقِ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ ആ ഖുറാനിലൂടെ അള്ളാഹു അറിയുകയാണ് ഒമാതനത്തിന് സമാവല്ല ആകാശത്തെയും ഭൂമിയേയും ഞാൻ സിദ്ധിച്ചിട്ടില്ല ആകാശഭൂമികളെ ഞാൻ സിദ്ധിച്ചിട്ടില്ല ആകാശത്തെയും ഭൂമിയെയും മാത്രമല്ല ഒമാ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഏതൊക്കെ വസ്തുക്കളുണ്ടോ കാണാൻ കഴിയുന്ന കാണാൻ കഴിയാത്ത കുട്ടികൾക്ക് ഗോചരമായ ഗോചരമായ ചേട്ടകളുള്ള നിശ്ചേറ്റകളുള്ള അടക്കമുള്ള അടക്കമില്ലാത്ത അനക്കമുള്ള അനക്കമില്ലാത്ത ഏറെ സർവചരാതരങ്ങൾ ഈ ആകാശഭൂമികളും അതിന്റെ ഇടയിൽ അതിനെ എല്ലാത്തിനെയും ഞാൻ സിഷ്ടിച്ചതെന്തിനാ ഞാൻ അതിനെയൊന്നും സിട്ടിച്ചിട്ടില്ല ഒരു വിനോദത്തിന് വേണ്ടി ഒരു പണിതമാശയ്ക്ക് വേണ്ടി ഞാൻ ഇതിനെ സൃഷ്ടിച്ചതല്ല അള്ളാഹുവിന്റെ ഖുറാൻ എന്നോട് പറയുകയാണ് ആകാശം കാണുമ്പോൾ ചിന്തിക്കണേ ഭൂമി കാണുമ്പോഴും ചിന്തിക്കണേ ആകാശഭൂമികളെ ഞാൻ സിഷ്ടിച്ചത് ഒരു വിനോദത്തിന് വേണ്ടിയല്ല വെറുതെ സമയങ്ങളെയാണല്ല അള്ളാഹു പറഞ്ഞതെന്തെന്നറിയുമോ അല്ലരീ കമാവാത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞാകാശങ്ങളെ സിദ്ധിച്ചത് ഞാനാണ് അല്ലാത്തി വല്ലതാ ആകാശത്തെയും ഭൂമിയേയും ഞാൻ സിദ്ധിച്ചത് വെറും ആറ് ദിവസം കൊണ്ടാണ് നിശുദ്ധ ഖുറാൻ അള്ളാഹുലിന്റെ ഖുറാനിൽ അള്ളാഹ് പറയുകയാണ് ആകാശഭൂമികളെ ഞാൻ സിദ്ധിച്ചത് അല്ലെ ഫലകസ് വല്ലറാ ാണ് ഞാൻ ഇതിനെ പടച്ചു തീർത്തത് എന്തിനാണ് സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ ചിന്തിക്കാനല്ലേ ഖുർആാൻ അങ്ങോട്ട് പറഞ്ഞത് ഹിന്ദിക്കാത്തവൻ ഏറ്റവും വലിയ മൂടനാണെന്ന് പറഞ്ഞ ആകാശത്തെ കുറിച്ച് ചിന്തിക്കാത്തവൻ ആകാശത്തെ നമുക്കറിയാമല്ലോ ഖുർആാൻ ചിന്തക്ക് പ്രാധാന്യം എന്താണ് രണ്ടരക്കുരസ്കരിക്കാൻ വേണ്ടി കൈകട്ടി നിന്നാൽ ആ കൈകട്ടി നിസ്കരിക്കുന്നവൻ സുജൂതിന്റെ സ്ഥലത്തെ കാണുമാക്കേണ്ടത് സുജൂതി സ്ഥലത്തേക്കാണ് നിസ്കരിക്കുന്നതെന്നോ കേണ്ടല് പക്ഷേ നേരെ ചിന്തിച്ചിട്ടുണ്ടോ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടി കൈകറ്റി നിൽക്കുമ്പോ രണ്ടറക്കാത്ത് റഫ്യന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോവുകയാണ് കൈകറ്റി നിസ്കരിക്കുമ്പോ മുമ്പിൽ നിൽക്കുന്ന ഇമാ പോതയാണ് രണ്ടാമത്തെ അള്ളാഹുവിന്റെ ഒട്ടകത്തെ എങ്ങനെയാണ് ചുറ്റിച്ചിരിക്കുന്നതെന്ന് എവിടെയാണ് നിൽക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുകയാണ് റസൂർ ഉള്ളവർന്ന് സുദൂത് ചെയ്യുന്നെടുത്ത് ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു ഒട്ടകം നോക്കാൻ പാടില്ല അവരെയൊക്കെ നോക്കാൻ പാടില്ല അവന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും ിട്ട് വിമാമോതകയാണ് അവരായം കുറൂന നിങ്ങൾ നോക്കുന്നില്ലയോ ഇലൽ വിരി കൈവ കുലുക്കൾ എങ്ങനെയാണ് സിഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ ഈ ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ വൈലല്ലറിവി സുധികൾ ഈ ഭൂമി എങ്ങനെയാണ് വിരിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ അള്ളാവിന്റെ കുറാ നം ചോദിക്കുകയാണ് വൈലൽ ഈ ഗിരി ആണിയടിച്ചത് നാട്ടിൽ ഹിമാലയ പർവ്വതത്തെ നിങ്ങൾ ചിന്തിക്കാത്തതണ്ട് നിങ്ങൾ ചിന്തിക്കാത്തത് ലോകത്തിന്റെ പർവ്വത നിരകങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്തതണ്ട് എവിടെയാണോ നിസ്കാരത്തിലാണ് നിസ്കാരത്തിലാണെങ്കിലോ അമ്മ എല്ലാവരും മറ്റൊന്നിനെ ചിന്തിക്കാൻ പാടില്ല അതേ എന്ന് പറയുന്നു ഒട്ടകത്തെ ചിന്തിക്കാത്തതെന്താ െ ചിന്തിക്കുന്നവനെ സത്യം കണ്ടെത്താൻ കഴിയോ ചിന്തിക്കുന്നവനെ ഈ ലോക തള്ളാനെ കണ്ടെത്താൻ വെറുതെ മസ്തിഷ്കം പോയി എവിടെയെങ്കിലും പണയം വെച്ചാൽ ആരുടെ ചിന്തകൾ വാടകക്കെടുക്കാ ആരുടെങ്കിലും ആശയങ്ങൾ വാടകക്കെടുത്താൽ ആ വാടക നിനക്ക് കള്ളാനെ കണ്ടെത്താൻ കഴിയില്ല നിനക്ക് ആശ്രയത്തെ കണ്ടെത്താൻ കഴിയില്ല ചിന്തിക്കാൻ നിനക്ക് കഴിയണം ചിന്തിക്കാൻ ഹൃദയം തന്നത് കാണാനല്ലയോ നിനക്ക് ഞാൻ കണ്ണു തന്നത് കേൾക്കാനല്ലയോ നിനക്ക് ഞാൻ കാതു തന്നത് കേൾക്കാനെന്ന കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്തവർ ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കാത്തവർ അവര് നാൽക്കാലുകളെ കാർ പതിച്ചവരാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുമ്പോ ചിന്തിക്കാൻ കഴിയണം നമുക്ക് ക്ക് കഴിയേണ്ടതുണ്ട് അകക്കൻ തുറന്നൊന്നു നോക്കിക്കെ മൂടാ ഉൾസാരമോർത്താട് ഉറങ്ങാമോ കേടാ അകക്കൻ തുറന്നൊന്നു നോക്കിക്കെ മൂടാ ഉത്സാരമോർത്താട് ഉറങ്ങാമോ കേടാ അകക്കുൾ തുറക്കുൽ മാടാ മൂടി ടജത്ത് കുത്തുണ്ട് കേടാ അള്ളാഹുവിന്റെ കുറഹ് നമ്മുടെ ഏറ്റവും കൂടുതൽ പറഞ്ഞതാ നിങ്ങള് ചിന്തിക്കാത്തതെന്താ ഒന്ന് ചിന്തിക്കണം ഇനി ഒരു ഒരു മണിക്കൂർ നമ്മുടെ ചിന്തയുടേതായിട്ട് ചിന്തിക്കാൻ വേണ്ടി കണ്ണും കാതും തുറന്നിരിക്കണം അള്ളാഹു തോക്കേക്ക് നൽകട്ടെ വെറുതെ രാവിലെ എഴുന്നേറ്റു തിന്നു കുടിച്ചു രാത്രി കിടന്നുറങ്ങി രാവിലെ വീണ്ടും എഴുന്നേറ്റു വീണ്ടും തിന്നും കുടിച്ചു മതിച്ചു രസിച്ചു കുളിച്ചു കഴിച്ചു എല്ലാം കിടന്ന് കിടന്നുറങ്ങി ഇങ്ങനെ ഓരോ ദിവസവും മാറ്റി നടത്താനുള്ളവരാണ് ചിന്തിക്കണ്ടേ കുറച്ചുനേരം പളസവനെ ഈ ആകാശം എന്തിനാ ഈ ഭൂമി എന്തിനാ ഈ സൂര്യൻ എന്തിനാ രാത്രി എന്തിനാ പകലെന്തിനാ ഇത് ചിന്തിക്കണ്ടേ അള്ളാഹു കണ്ണു തന്നതും കാതു തന്നതും കൽബ് തന്നതും ചിന്തിക്കാനും കാണാനും കേൾക്കാനും അല്ലേ ഇത് വെച്ചിട്ട് നമ്മൾ സിനിമാ പാട്ട് മാത്രം കേട്ടാ മതിയോ ഈ കണ്ണുകൊണ്ട് നമ്മൾ സിനിമ മാത്രം കണ്ടാ മതിയോ ഈ ഹൃദയം കൊണ്ട് നമ്മൾ കാമുകിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയോ അതിനുള്ളതാണോ ഇത് അള്ള ഇത് തന്നതെന്തിനാ അവനെക്കുറിച്ച് ചിന്തിക്കാനല്ലേ അള്ള ചോദിച്ചില്ലേ വഫീ അമ്പുസിക്കും മനുഷ്യ നിന്റെ ശരീരം അവലാ തൂ നീ നോക്കാത്തതെന്താ വഫീ അമ്പുസിക്കും നിന്റെ സ്വന്തം ശരീരമുണ്ടല്ലോ ആ ശരീരത്തെ അവലാ തുമുസി നീ കാണുന്നില്ലേ നിനക്ക് രണ്ട് കണ്ണിറന്നിട്ടുണ്ട് കണ്ണുകൊണ്ട് നിന്റെ ശരീരത്തെ ഒന്ന് നോക്ക് എന്നിട്ട് നീ അള്ളഹാനെ കാണാത്തതെന്താ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായോ ഖുർആാൻ ചോദിച്ചതുപോലെ നമുക്ക് നോക്കാൻ കഴിയാമോ പത്ത് ഗ്യാലൻ വെള്ളവും ഏഴ് ബാർസോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും ഒമ്പതിനായിരം കൽസിലുകൾക്കുള്ളിലെ കാർബണും രണ്ടായിരത്തി ഇരുന്നൂറ് തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വരി ആണയുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കോട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അലപാടത്തിൽ കൂട്ടിക്കുടച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരമുണ്ടാക്കാൻ പറ്റുമെന്നാണ് വൈദ്യശാസ്ത്രജ്ഞനായ സർ സിഇ ജോർഡ് പറയുന്നത് മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമേ ഉള്ളൂ ഇത്രയും സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം നിർമ്മിക്കാം മനസ്സിലായി പത്ത് കയറൻ വെള്ളവും ഏഴ് ബാർസോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പുറുപ്പും ഒമ്പതിനായിരം പെൻസിലുകൾക്കുള്ളിൽ കാർബണും രണ്ടായിരത്തി ഇരുന്നൂറ് തീപ്പറ്റിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയുള്ള ഇരുമ്പും ഒരു കോഴിക്കോട് വെള്ളയെടുക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുബാധത്തിൽ കൂട്ടുകൊടുത്താൽ ഒരു മനുഷ്യന്റെ ശരീരമുണ്ടാക്കാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുമ്പോൾ കഴിയുമെങ്കിൽ എന്താ ഉണ്ടാക്കാൻ കഴിയാത്തത് സമ്മതിക്കാൻ നമുക്ക് ഇത്രയും അസംസ്കൃത പദാർത്ഥങ്ങൾ കാള്ള കൈയ്യുള്ള കാലുള്ള ഹൃദയമുള്ള പുരികമുള്ള തറുവതമുള്ള ഒരു മനുഷ്യനെ നമുക്ക് സിദ്ധിക്കാം പക്ഷേ അവന്റെ കാലൊന്ന് ചലിക്കാൻ അവന്റെ കണ്ണൊന്ന് നിമപെട്ടാൻ അവന്റെ പുരികമൊന്ന് വളരാൻ അവന്റെ നഖമൊന്ന് വളരാൻ അവന്റെ ശരീരത്തിനൊരക്കം സംഭവിക്കാൻ അവന്റെ മൂക്കിലൂടെ ശ്വാസം താടേക്ക് പോകാൻ വെളിയിലോട്ട് പോയ ശ്വാസം അകത്തോട്ടൊന്ന് വലിച്ചെടുക്കാൻ അവന്റെ ശരീരത്തിൽ ഒരു റൂഹു വേണ്ടേ ആരാധക ആരാവിനോ റൂഹു കൊടുക്കുക وَيَسْأَلُونَكَ عَنِ الرُّوحِ قُلِ الرُّوحُ مِنْ أَمْرِ رَبِّي وَمَا أُوتِيتُمْ مِنْ الْعِلْمِ إِلَّا قَلِيلًا الله غنده قران പറന്നു દે വീ വ يسഅലونک അനി റൂഹ് അങ്ങയോടെ എന്നിട്ട് ആത്മാവിനെക്കുറിച്ച് ചോദിക്കും അവരോട് പറഞ്ഞു കൊടുക്കണം ഖുല റൂഹു മിൻ അംരി റബീ അതെ അല്ലാത്ത മാത്രം അറിയുന്ന രഹസ്യമാണ് അവനല്ലാതെ മറ്റൊരാൾക്കറിയില്ല സഹോദരങ്ങളെ ഈ ശരീരമല്ല ശരീരത്തിനകത്തൊരു റോഹുണ്ട് ആ റോഹ് എന്നിട്ടല്ല പറഞ്ഞു കൊള്ളുക ഈ ഭൂമിയിലൂടെ നീ സഞ്ചരിച്ചു കൊള്ളുക നിന്റെ ശരീരം മാത്രമല്ല സഞ്ചരിപ്പിക്കാൻ ഒരു ആത്മാവ് മുന്തിരി എന്നിട്ടുള്ള പറഞ്ഞു മനുഷ്യ നിനക്ക് ഞാൻ ശരീരം െന്തിനെന്നറിയുമോ ചുമല്ലൂടെ അള്ളാഹുവിനെ നിഷേധിച്ചവരുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് കണ്ണു തുറന്നുവെന്ന് നീ നോക്കുക ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് നീ അള്ളാഹുവിനെ കണ്ടെത്തുക എന്നാഘുവിന്റെ വിശുദ്ധ കുറു ആണ് വിശുദ്ധ കുറു ആൻ ചിന്തിക്കാൻ അള്ളാഹു തൗഫീക്ക് എനിക്ക് അള്ളാഹു തൗഫീക്ക് എനിക്ക് രഹിക്കുമാറാകട്ടെ അങ്ങനെ ചിന്തിക്കണം ചിന്തിക്കാനാണല്ലോ നമ്മളെ പഠിച്ചത് അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയോ ആകാശത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ ചിന്തിക്കണ്ടേ ചന്ദ്രനെക്കുറിച്ച് ചിന്തിക്കണ്ടേ ഒരുമാര് ചിന്തിക്കാൻ തയ്യാറല്ലേ പക്ഷെ ചിന്തിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്താ കേട്ടോളിയൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവാചകൻ വസ്ലമിയുടെ വപ്പാത്തിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാപാകം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നപ്പോ അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ട് തർക്കം മറ്റൊന്നുമല്ല ചിന്തിക്കണം എന്നൊക്കെ അതിലൂടെ നമുക്ക് ലോകാവസാനം കാണാം അവിടത്തെ തർക്ക വിഷയം മറ്റൊന്നുമല്ല അള്ളാഹുബുബിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവമേതായതാണ് സഹാബാക്ക് വലിയ തർക്കം അള്ളാഹുബിന്റെ പ്രവാചകന്റെ കൂടെ നമ്മൾ സഹകരിക്കുമ്പോൾ ജീവിക്കുമ്പോ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവമേതായതാണ് ഓരോ സഹാബാക്കളും പ്രവാചകനോട് ഏറ്റവും അടുത്തുള്ള സഹാബാക്കൾ അവർ പറയാൻ തുടങ്ങി ഞാനും മസൂറുകളായി തമ്മിൽ പോയപ്പോ നടന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതാണ് അത്ഭുതം അത് വിവരിച്ച അടുത്ത സഹാബി പറഞ്ഞല്ല ഞാനും പ്രവാചകൻ കൂടി നടന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതാണ് വലിയ അത്ഭുതം അത് അടുത്ത സഹാബി പറഞ്ഞു അതിനേക്കാൾ വലിയ അത്ഭുതം പ്രവാചകന്റെ അടുത്ത് നടന്ന് എനിക്കറിയാം അങ്ങനെ തങ്ങളുമായി ചേർത്ത്പ്പെട്ട് പ്രവാചകന്റെ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ നിർവഹിക്കാൻ സഹാബാക്കൾ മത്സരമായി വാചകം ഒപ്പാത്തായി ഇല്ല ഞാനും വർഷമുള്ള പോയപ്പോഴാണ് ഇത്രയും വലിയ അത്ഭുതം നടന്നത് അാഹുബിന്റെ തിരുതൂതരെ അങ്ങേക്കായിരം ആയിരം തല ലോകത്ത് ഇതുപോലൊരു നേതാവിനെ കണ്ടെത്താൻ പറ്റുമോ അതുകൊണ്ടല്ലേ സൌലാദ് ഷരീഫിന്റെ മുമ്പിൽ ചെന്നിട്ടും മുഹമ്മദ് അസദ് പോലും പറഞ്ഞത് പച്ചക്കുബയുടെ കീഴിൽ അന്തി ഉറങ്ങുന്ന നേതാവെ അങ്ങയങ്ങയുടെ അനുയായികളെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികളെത്തോളം സ്നേഹിച്ചിട്ടില്ല വിട പറഞ്ഞു പോയി ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിട്ടും കാണാത്ത ജനതയുടെ ചുണ്ടിലും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഈ സലാത്ത് ഇങ്ങനെ തന്നെ ചുണ്ടിലുണ്ടാവും ആരും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം അള്ളാഹു നിലനിക്ക് തരട്ടെ തരട്ടെ അവസാന ഓരോ സഹാപാക്കൾ തമ്മിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാന സഹാബാക്കൾ തമ്മിൽ വലിയ തർക്കമായി ആർക്കും ഒരു അഭിപ്രായ സമന്വയ ഉണ്ടാക്കാൻ കഴിഞ്ഞ കാരണം ഒരു സഹാബീൻ വിട്ടുകൊടുത്തില്ല എന്റെ വസ്തുത എന്റെ കൂടെ നടന്നപ്പിണ്ടായതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു സഹാവീ വിട്ടില്ല അവസാനം ഭയങ്കര തർക്കവിതർക്കങ്ങളായി അന്തരീക്ഷം എന്തിന്റെ പേരിലാ എന്തിന്റെ പേരിലാ വാറ്റി കാണിക്കാനൊന്നുമല്ല പ്രകടനം നടത്താനല്ല കൊടി പൊട്ടാനല്ല കെട്ടാനല്ല സഹാബാക്കൾ തമ്മിൽ ശബ്ദമോലാഹലങ്ങളുണ്ടായി അള്ളാണ്ട് റസൂലും ഞാനും തമ്മിൽ നടന്നപ്പോൾ നടന്ന സംഭവമാണ് അത്ഭുതകരമായ സംഭവം ഇങ്ങനെ പ്രവാചകന്റെ അനുയായികൾ തമ്മിലൊരു അഭിപ്രായ സമന്വമുണ്ടാകാറു വന്നപ്പോ ആ സമൂഹത്തിന്റെ നടുവിലെ കെടിനേറ്റമെന്ന് ബഹുമാനപ്പെട്ടാ സഹാബാക്കലിലേറ്റവും ആരും ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം പറഞ്ഞിട്ട് നിങ്ങളാരും പരസ്പരം വാശി കൂട്ടേണ്ട മത്സരം വേണ്ട അല്ലാ നറസൂലിന്റെ ജീവിതത്തിന്റെ അത്ഭുതം ഏതെന്ന് പറയാൻ കഴിയുന്നത് അങ്ങനെ നിർവചിക്കാൻ കഴിയുന്ന ഒരേ ഉള്ളൂ പതാരം അറിയുമോ സഹോദരിമാരെ കേൾക്കണം പതാരം എന്നറിയുമോ അപൂപത്തിൽ അല്ലാ നൊറസൂലിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം പറയാൻ കഴിയുന്നത് ആർക്കെന്നറിയുമോ ഉമ്മറിനെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത് കിടന്നിറങ്ങാൻ കഴിഞ്ഞ ആയിഷാണീ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുക അതുകൊണ്ട് നമുക്ക് ആയിഷീടെ അടുക്കലേക്ക് പോകാം സഹാതാക്കൽ എല്ലാവരും കൂടി ആയിഷിയുടെ അടുക്കൽ എത്തി ഇവരും വിളിച്ച് ചോദിച്ചുമ്പോൾ ആയിഷീവിയെ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവമേതെന്നറിയാൻ ഞങ്ങളുടെ തമ്മിൽ വല്ലാത്ത തർക്കത്തിലാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് പറയുമോ അള്ളാന്റെ റസൂലിന്റെ കൂടെ എല്ലാ രഹസ്യ നിമിഷങ്ങളിലും പങ്കെടുത്തത് നിങ്ങളല്ലെയോ നിങ്ങൾക്കറിയാത്ത എന്താണ് തിരുതൂതയുടെ ജീവിതത്തിലുള്ളത് അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായ സംഭവമേതെന്ന് പറയുമോ ആ സമയത്ത് ഐഷാ മറുപടി അതിനേക്കാൾ തർക്ക ീതി പറഞ്ഞു അല്ലാണ്ട് റസൂലിന്റെ ജീവിതമേ ഒരത്ഭുതമാണ് ആ ജീവിതമേ ഒരത്ഭുതമാണ് ആ ജീവിതമേ ഒരു വിശ്വാസുതമാണ് അങ്ങയുടെ ജീവിതമല്ലയോ അങ്ങയുടെ പരിപൂർണത ആയിഷീതി പറഞ്ഞു അല്ലാണ്ട് റസൂലിന്റെ ജീവിതമേ എങ്കിലും ഇന്നതാണ് അത്ഭുതമെന്ന് തെരഞ്ഞെടുത്ത് പറയാൻ കഴിയില്ല എങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഞാൻ പറഞ്ഞു തരാം കിയാമത്തെ നാള് പറയുമ്പോൾ സമൂഹമേ ഈ സംഭവം നിങ്ങൾ നെഞ്ചിലേറ്റിയെടുക്കണം ഇനിയുള്ള ജീവിതത്തിന്റെ ഒരു ഭാഗം അതിനു വേണ്ടി മാറ്റിവെക്കണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് ആയിഷാദേവി പറയാൻ തുടങ്ങി ും പ്രവാതകനും ഒരു ദിവസം എന്റെ തയ്യത് ക്ഷയിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു കലപ്പറയിൽ കിടന്നുറങ്ങുമ്പോ ഐസാ കിടമെടുത്തു പറഞ്ഞാൽ പ്രവാതകന്റെയും തൊക്കുകൾ തമ്മിൽ പരസ്പരം ചേർന്നിരിക്കുമ്പോ രണ്ടുപേരും കിടപ്പറയിൽ കിടക്കുകയാണ് പ്രവാതകൻ ഉറക്കത്തിലേക്ക് മയങ്ങി രീടുമ്പോ ഉറക്കത്തിലേക്ക് മയങ്ങിരീണറസൂളെ പെട്ടെന്ന് ചാടിയെടുത്തു എന്തോ കേട്ട് പേടിച്ചതുപോലെ എന്തോ കണ്ട് ഭയന്നതുപോലെ ഞാൻ ചോദിച്ചു എന്താണ് തിരുദൂതര് അള്ളാക്ക് വേണ്ടി എനിക്കൊന്ന് എന്റെ പിന്നെ മുമ്പിൽ എനിക്ക് പാടത്ത് ചെയ്യണം അനുപാടം തരുമോ ആയിഷ്യല്ലാഹു എന്നെ പറഞ്ഞു ഇതുപോലൊരു മാതൃക കാണാൻ കഴിയുമോ ലോക സമൂഹത്തിൽ ിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും സ്വന്തം ഭാര്യയോടനുപാദം ചോദിച്ച അത് അവളൊരു അവകാശമാണ് അവളൊരു അവകാശമാണ് എഴുന്നേറ്റ് പോകുമ്പോഴും സ്വന്തം ഭാര്യയോടനുപാടം ചോദിച്ച എവിടെക്കാണ് പോകുന്നത് നിസ്കാരത്തിനാണ് അനുപാടം ചോദിച്ച ലോകത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ മഹിതമായ മാതൃകയെ ആദരവായ പ്രവാചകൻ ബി മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവി പറ ഭർത്താവിനേക്കാൾ വലിയ ഭാര്യയാകുന്നതുപോലെ ഭർത്താവിനേക്കാൾ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയായ പറഞ്ഞു രവിയെ അങ്ങും അള്ളാകുന്ന പോലുള്ള ബന്ധത്തിൽ ഞാൻ എന്തിനാണ് തടസ്സം നിൽക്കുക അള്ളൂറ്റു മസുദിനോട്ട് കിടന്നു വളവു ചെയ്തു അതീനാനഗരം മുഴുവനും ഉറക്കത്തിന്റെ കരിമ്പടം പുറച്ചു കിടക്കുമ്പോ അള്ളൂല് യാണ് ആദ്യ തിരക്കയത്തിന് സൂറത്ത് രണ്ടാമത്തെ സൂറത്ത് പാരായണം മൂന്നര ദിസുകളോളം നീണ്ടു നിൽക്കുന്ന രണ്ട് സൂറത്തുകൾ അത് രണ്ടു മോലി പാരണം പ്രവാടകൻ നല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തി തിങ്ങി തിങ്ങിക്കരയാൻ തുടങ്ങി റസൂറുള്ള പൊട്ടി പൊട്ടി കരയുകയാണ് രാത്രിയിൽ നിന്ന് പ്രവാടകം നിസ്കരിച്ചിട്ട് കരയുകയാണ് ും നിസ്കാരം വീണ്ടും പിന്നീട് കരച്ചിലാണ് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീറേ കിഴക്കൻ്റെ തുടരാൻ തുടങ്ങി അള്ളാഹുട മുട്ടെത്തുമ്പോ ആദരവായ പ്രവാടകന്റെ സുതൂതിൽ കിടന്നുള്ള കരച്ചിൽ കേൾക്കാൻ പ്രധാനപ്പെട്ട വിലാഹ്ലുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല വിലാളതല്ലാൻ വിനെ സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ സഹോദരങ്ങളെ ബിലാലിന് സഹിക്കാൻ കഴിയുക അല്ലാതെ എവിടെയൊക്കെ തന്റെ കണ്ണുനീര് തൂടെ തലം തള്ളിയോ ആ സമയത്തൊക്കെ തന്റെ കണ്ണുനീര് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കമ്പത്തകിന്റെ വിജികേഷ കിളന്നു വരുമ്പോ കർബാറെ കൊട്ടാരത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാതകന്റെ പുറകിൽ പതിനായിരക്കണക്കിന് സാപത്ത് നിൽക്കുമ്പോ കർബാറെ വന്ന മുകളിലോട്ട് കയറി വാക്ക് വിളിക്കാൻ വേണ്ടി അല്ലാന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കരിമാടിക്കുട്ടത് പോലെ അടിമക തന്നു വരുന്നു കയാസോലിയെ കയറത്തിന്റെ മുകളിലോട്ട് ാണ് മുഴക്കാന് അനിവാറ ബി പകച്ചു നിൽക്കുമ്പോ ഓക്ക് കൊതിച്ചു പറ്റെ ആ നിറത്ത് വീണ് കിട്ടിയത് ബിലാലിനാണ് കഴവാളയത്തിന്റെ മുകളിലേക്ക് കറുകറു അടിമ ചാടി കയറിയിട്ട് ൂറ്റങ്ങൾ ആക്രോശിച്ചില്ലയോ മറ്റൊരാള് മുഹമ്മദിന് കിട്ടിയില്ലേ മുകളിലെ കയറി വാങ്ങു വിളിക്കാണ് അപഹാസത്തിന്റെ ചരങ്ങൾ ഏറ്റുപിടയുമ്പോ കൂടെ പോലും മക്കൾക്ക് കറുത്തവനേക്കാ ഒരു ശ്രേതയുമില്ലേ കറുത്തവനാണോ കേട്ടതെന്ന് ചോദിച്ചപ്പോ സ്വന്തം കൂട്ടുകാർ തന്നെ പരിഹസിച്ചപ്പോ പൊട്ടിക്കരന്നു കൊണ്ട് വിരുമ്പുന്ന ചുന്തകളോടെ വന്നു നിൽക്കുമ്പോ അള്ളസൂരിന്റെ മുമ്പിൽ അല്ലാ കറുക കറുത്ത രൂപത്തിൽ തന്റെ ഒരു താലത്തിന്റെ ഞഞ്ചകത്തോട് ചേർത്ത് വെച്ച് തന്റെ കൈകൾ കൊണ്ട് ിലാലിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റിയിട്ട് എന്തിനാണ് ബിലാലേ കരയുന്നത് എന്തിനാ പൊലരുന്ന ഇല്ലാതി തക്കുവല്ല ഒരു വെളുത്തവനൊരു കരുത്തവനേക്കാളോ ഒരു പണ്ഡിതനൊരു താമരനേക്കാളോ ഒരു മുതലാളിക്കൊരു തൊഴിലാളിയെക്കാളോ ഇല്ല ഇല്ലാതി തക്കുവല്ല അള്ളാഹുവിനോടുള്ള തക്കുവേരമായ തന്റെ മനുസരിച്ചല്ലാതെ എപ്പോഴൊക്കെ താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ ആ സമയത്തെല്ലാം തന്റെ കല്ല് നീര് കുറച്ച് മലരാണികൾ തനിക്ക് തന്ന പ്രവാചകൻ ആ പ്രവാചകനാണ് മസ്ജിദിന്റെ അപ വിരുന്ന് പൊട്ടിക്കരയുന്നത് പിരാളനെല്ലാ കൊണ്ട് നെഞ്ചു വിളിച്ച് പൊട്ടി വിളിച്ചുപോയി എന്റെ മാതാവും പിതാവും സമർപ്പിക്കുന്നതിനെതിയെ എന്തിനാണിനെതിയേ കരയുന്നത് ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞതിനാൽ ലോകാവസ്ഥാനത്തിന്റെ അടയാളത്തിന്റെ പഠനത്തിലോട്ട് കടക്കുകയാന്തിക്കട സഹോദരങ്ങള് സഹോദരങ്ങള് അള്ളാന്റെ റസൂല് തന്നെ കരഞ്ഞ് തളർന്ന മുഖമുയർത്തിയിട്ട് അള്ളാഹുലിന്റെ പ്രവാരകൻ പറഞ്ഞ എങ്ങനെയാണ് കരയാതിരിക്കുക എങ്ങനെയാണ് രോദനം ഉയരാതിരിക്കുക ഇന്നലെ രാത്രി അവതരിപ്പിക്കപ്പെട്ടു അത് കേട്ടപ്പോഴും പിന്നെ എനിക്ക് കിടന്നിട്ടുറക്കം വന്നില്ല എന്നിട്ട് അല്ലാണ്ടവസൂര് ഓടിക്കൊടുക്കാൻ തുടങ്ങി തലേ ദിവസം രാത്രി തനിക്കിറങ്ങി ആയത്തുകൾ അല്ലാണ്ടവസൂൽ ഓടിക്കൊടുക്കാൻ തുടങ്ങി തിവല്ലറുരാവരുവാ അല്ല വീനയത് കുറൂന കിയാമൻ കുറവ രാജു വയറ്റത് കറൂന ബീഫൽ കിട്ടമാവാതി വല്ലറുന അള്ളാഹുലിന്റെ ഖുറാനായത്തിറങ്ങി സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക ഇന്ന വീക്ക് സമാവാതി വല്ലറു ആകാശഭൂമികളുടെ ചുറ്റിപ്പിലുണ്ട് ആകാശത്തെ അള്ളാഹു പടച്ചതിലുണ്ട് ഭൂമി അള്ളാഹു നിർത്തിച്ചതിലുണ്ട് ഒത്തിരി വന്നാർ രാത്രിയും പകലും മാറി മാറി വരുന്നതിലുണ്ട് എന്തേ പന്ത്രണ്ട് മണിക്കൂർ പകൽ പന്ത്രണ്ട് മണിക്കൂറ് രാത്രി ഏതെങ്കിലും ഒന്നു പോരായിരുന്നോ ഈ രാധകലികളുടെ വ്യതിയാനങ്ങളിലുണ്ട് ഉലബ് ചിന്തിക്കുന്നവർക്ക് ദിട്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്ക് ദിട്ടാന്തമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിന്തിക്കാൻ ചിന്തിക്കുന്നവർക്ക് ദള്ളൂ ആരാണ് ചിന്തിക്കുന്നവരെന്നറിയുമോ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഞാൻ പറയുമ്പോഴത് കേട്ടിട്ട് മാത്രമല്ല ചിന്തിക്കേണ്ടത് അല്ലവർ ഒന്ന് ചിന്തിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് അല്ല വീ നയത് കുറൂനല്ല അള്ളാഹുവിനെ അവർ സ്മരിക്കുന്നവരാണ് കിയാമൻ അവർ ഇരിക്കുമ്പോഴും വാലാജനൂതിയുന്നവർ പാർശ്വങ്ങളുടെ മേൽ ക്ഷയിക്കുമ്പോഴും അവരെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാ സഹോദരങ്ങളെ ആയത്തിന്റെ അർത്ഥം എന്താണ് കുറാൻ പഠിക്കുന്നവരല്ലയോ ഒരു മനുഷ്യൻ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കണം എപ്പോൾ അവൻ നിൽക്കുമ്പോൾ അവനി അവൻ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആകാശഭൂമികളെ സമാവാത്തി ആകാശഭൂമികളുടെ സിദ്ധിപ്പിനെ കുറിച്ച് അവൻ ചിന്തിക്കുമ്പോൾ ചിന്തിച്ച് ചിന്തിച്ച അവസാനം അവൻ പറഞ്ഞു പോകുമല്ലാഹേ അല്ലാഹു അള്ളകുല ഇതൊന്നും വെറുതെ തമാശക്ക് നീ പടച്ചതല്ല ഇത് വെറുതെ ഒരു വിനോദത്തിന് നീ പടച്ചതല്ല അതുകൊണ്ട് അള്ളവേന അതാ പൂ നാള നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണയല്ല ന്യായത്തിന്റെ അർത്ഥമെന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആനെ കണ്ടെത്താത്തവൻ ആ നരകത്തിലാണ് നരകത്തിലാണ് നരകത്തിലാണ് പത്തിനാതാപന്നാൽ കള്ളുകൊടുത്തവൻ മാത്രമല്ല നരകത്തിൽ ചീട്ട് കളിച്ചവൻ മാത്രമല്ല നരകത്തിൽ ആകാശഭൂമികളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അള്ളാനെ കണ്ടെത്താതെ ആ അള്ളാഹുവിനെ പോലും പരിചരഞ്ഞിട്ട് അതിനോട് പങ്കുചേറുന്നവൻ അവൻ ഒന്നാളെ നരകത്തിലാണ് അവൻ നാളെ നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ ഇത് കേട്ടിട്ട് എങ്ങനെയാണ് വിലാലെ ചിന്തിക്കാതിരിക്കുക അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ വന്നത് എന്നിട്ട് അള്ളാന്റെ വാക്കുകൂടി വൈരുള്ളിമൻ കറഹാദികില്ലായ വൈരുള്ളൊരു മനുഷ്യൻ നശിച്ചു പോകട്ടെ അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് വൈരൽ ഒരുവനാണ് നാശം ലിമൻ കറാഹാദികില്ലായ ഈ ആയത്തവൻ പാരായണം ചെയ്തു പറ്റേ വലം യഥക്കറിയ അതിനെക്കുറിച്ച് അവന് ചിന്തിച്ചിട്ടേയില്ല അങ്ങനെയുള്ളവനാണ് നാശമെന്ന റസൂർ എന്ന് പറയുമ്പോ സഹോദരങ്ങളെ സ്വർഗനരകുന്നത് മാത്രമല്ല ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം അതിനുള്ള അറിവ് വേണം അതിനുള്ള വിദ്യാഭ്യാസം വേണം ലൗകികമെന്നും ഭൗതികമെന്നും വേദനിച്ചിട്ട് ഭൗതികമെന്നും ആത്മീയമെന്നും വേദനിച്ചിട്ട് നിങ്ങളെ കളയാനുള്ളതല്ല രണ്ടും സമന്വയിക്കുമ്പോഴാണ് ഒറ്റ കണ്ടെത്തുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നരകമാണ് സഹോദരങ്ങളെ നമുക്ക് നരകം വേണ്ട നമ്മൾ എപ്പോഴും ഒപ്പിനോട് പറയുന്നവനാണ് അല്ലാഹും അതിർനാമിനാർ നരകത്തിൽ കാക്കണയല്ല അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഭൂമിയെ കുറിച്ച് ചിന്തിക്കാം നമുക്ക് സൂര്യനെക്കുറിച്ച് അള്ളാഹുനിന്റെ കുറാൻ പറഞ്ഞതെന്താണ് ഇസ്രാറന്ന കലത്തിൽ ഒന്നാമതൂതി കഴിഞ്ഞാൽ സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് വിശുദ്ധ കുർഹാൻ നിങ്ങൾ എന്താ വിചാരിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാല് നിസ്കാരവും തോന്നും സക്കാത്തും മാത്രമാണെന്ന് കരുത് ഇത് ഖുർആാനാണ് ഖുർആാനിലെ ആറായിരത്തി അറുന്നൂറിൽ പരം ആയത്തുകളിൽ ആയിരത്തിലധികം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി മാത്രം ബന്ധപ്പെട്ട അള്ളാന്റെ സുരണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളതന്നെയാണ് ആകാശത്തെ ഇന്നിയെ സൃഷ്ടി അള്ളതന്നെയാ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കാനോ സമയമില്ല നമ്മളൊരു വാദിനെ ശാസ്ത്രമാണ് നമുക്ക് ദഹിക്കൂല പോവാ നമുക്കറിയുന്നത് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഈ ആകാശത്തെ അള്ളപടച്ചു ഇസ്രാവേൽ ചൂറുന്ന കകളത്തിൽ ആദ്യം ഊരിക്കാൽ എന്ത് സംഭവിക്കും ഇത് ശംസുര സൂര്യനെ സൂര്യന് ചുരുട്ടപ്പെടും ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടെ തേണ ഒരു പരിപാടിയാണ് യോഗാവസാനത്തിന് ഏറ്റവും കൂടുതലാക്കുമ്പോൾ ലോകാവസാനത്തെ നമ്മൾ വിളിച്ചു വരുത്തുകയും നമ്മുടെ നാടുകളിലൊക്കെ ഫ്ളാറ്റുകൾ പൊങ്ങുകല ഇരുപത് നില മുപ്പത് നിലയൊക്കെ ഫ്ളാറ്റുകൾ ലോകത്ത് ഏറ്റവും വലിയ ഫ്ളാറ്റ് സംസ്കാരം വീട് വെക്കാനൊന്നും ആർക്കും സമയമില്ല ഫ്ളാറ്റുകൾ പൊങ്ങുകൊട്ടക്കുന്നുകളും പീഠഭൂമികളുമൊക്കെ ഇടിച്ചു നിരത്തി ജെ കൊണ്ടുവന്നു അതൊക്കെ മനുഷ്യമാണ് ഇപ്പൊ ജെ സി ബി ഇങ്ങനെ വരും വന്നിട്ട് എല്ലാ പൊങ്ങും ഇടിച്ചു നിരത്തി അവിടെ ഫ്ളാറ്റ് പണിയാണ് ഈ ഫ്ളാറ്റ് പണിയും യോഗാവസാനവും തമ്മിലുള്ള ബന്ധം എന്താ ഇൻഷാല്ല ഖുർഹാൻ എന്ന് പറയുന്നത് നമുക്ക് എന്റെ വകയല്ല ർഹാൻ ഞാൻ ധാരാളം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഖുർഹാൻ മറച്ചു വെക്കാൻ പറ്റൂല സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സൂര്യനെ ചുരുട്ടപ്പെടുക സൂര്യനിലെ വാതകം ഹൈഡജിനും ഹീര്യവും ഹൈഡലിനും ഹീര്യവും ഉള്ളതുകൊണ്ടാണ് സൂര്യന് പ്രകാശം ഉണ്ടാകുന്നത് ഒരു വിളക്കിൽ നമ്മൾ മണ്ണെണ്ണ ഒടിച്ചാൽ ആ മണ്ണെണ്ണ തീരുന്നത് വരെ അത് കത്തുകൊള്ളൂ പിന്നെ രണ്ടാമത് ഇന്ധനം ഒരു വണ്ടിയിൽ ഡീസൽ അടിച്ചാൽ അത് തീരുന്നത് വരെ എന്റെ കൂടു അത് കഴിഞ്ഞാൽ ഇന്ധനം ഹൈട്ടതിനും ഷീര്യമുള്ളത് കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് ആ സൂര്യനിൽ ഇനി ഏതാണ്ട് അഞ്ഞൂറ് വർഷവും കൂടി കത്താനുള്ള ഇന്ധനമേ സൂര്യനിൽ ഉള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ചില ആളുകൾ അഞ്ചു കോടി എന്നൊക്കെ പറയുന്നുണ്ട് ഏറ്റവും പുതിയ അനുമാനം അഞ്ഞൂറ് വർഷവും കൂടെ കത്താനുള്ള ഇന്ധനമേ സൂര്യന് ഈ ഹൈടലിനും സൂര്യന്റെ മരണ നടപ്പായി കഴിഞ്ഞു വാറണ്ട് കൊടുത്തു ഒരു പ്രതിക്ക് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചാൽ കുറെ കഴിഞ്ഞ പിന്നെ അവന് ജയിലടയ്ക്കും ശാസ്ത്രജ്ഞമാരുടെ ഏറ്റവും പുതിയ ഭാഷ സൂര്യനും മരണ നൽകി കഴിച്ചു സൂര്യന്റെ ഇന്ധനങ്ങൾ തീരാൻ പോകുന്നു ഹൈട്ടത്തിനും തീരാൻ പോകുന്നു ഇനി അഞ്ഞൂറ് വർഷം പോലും കെട്ടാനുള്ള ഇന്ധനമേ സൂര്യനിലുള്ളൂ ആ വർഷം കഴിഞ്ഞാൽ ഹൈട്ടത്തിനും ഹീര്യവും തീർന്നു കഴിയുമ്പോൾ സൂര്യൻ ചുരുങ്ങാണ്ടുടങ്ങും ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി അവസാനം സൂര്യൻ ചെറുതായി അത് ഒലിച്ച് വൈറ്റ് ഡാർക്ക് വെളുത്തക്കുള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ നക്ഷത്ര സൂര്യൻ ചുരുങ്ങും ആ ചുരുങ്ങിയ സൂര്യൻ അവസാനം ചുരുങ്ങി ചുരുങ്ങി ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു ൂറ്റാണ്ടു മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത ഒരു പണിപൂരത്തിന്റെ പടിപാദന കടന്നിട്ടില്ലാത്ത അന്നോടുമ്പോ സപ്താ വക്കല കടമെടുത്ത് പറഞ്ഞാൽ അറേബ്യയിലെ നിരക്ഷരനായ പ്രവാചകൻ അള്ളാർ പറഞ്ഞു അള്ളാഹു പറഞ്ഞു ലോകാവസാനം അടുക്കുന്നു സൂര്യനെ ചുരുട്ടപ്പെടും ചവറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ച ഉസ്താബന്മാരോട് വെച്ചറിയാം നാലും രണ്ട് ഭാഗത്ത് പായ കിടന്നിട്ട് നമ്മൾ പായ് ചുരുട്ടൂലോ കിടന്നുറങ്ങിയിട്ട് നമ്മൾ പായ ചുരുട്ടിയെടുക്കുമല്ലോ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇപ്പം കട്ടിലൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഉള്ള കുമാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഒക്കെ പഴയ കൊച്ചുകാലമൊക്കെ നോക്കിയാല് താഴെ പഴയ പായ ഇങ്ങനെ ഇട്ടിട്ട് തലേണ വെച്ച് കിടന്നു തുടങ്ങി എഴുന്നേൽക്കും എന്ത് ചെയ്യും പാ ചുരുട്ടി ഇനി ചുരുട്ടിയില്ലെങ്കിൽ തന്നെ പായ എപ്പഴും ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചുരുണ്ടു വരുന്ന പായുണ്ട് പാ രണ്ട് ഭാഗത്തുനിന്ന് ചുരുട്ടുന്നത് പോലെ കവ്വറ എന്ന് പറഞ്ഞാൽ സൂര്യനെ അമ്മാവ് രണ്ട് സൈഡിൽ നിന്ന് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരും കല്യാണത്തിൽ തീറ്റ് കഴിഞ്ഞിട്ട് പച്ച തുണി ചുരുട്ടണമത് ആരും വലിയ നിസ്താരമൊന്നും അല്ല സഹോദരങ്ങളെ അള്ളഹാന്റെ ഖുർആാൻ പറഞ്ഞ വഴിയിലൂടെ ശാസ്ത്രം നടക്കുക ശാസ്ത്രം പറഞ്ഞ വഴിയിലൂടെ കുർഹാനല്ല സൂര്യൻ ഏതായാലും മരിക്കൂന്ന് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നിഗമനം രണ്ടാമത് അള്ളാഹുബിന്റെ ഖുർആാൻ പറഞ്ഞു നക്ഷത്രങ്ങൾ മുഴുവനും എങ്ങനെയാ നക്ഷത്രങ്ങളിലുള്ള വാതകവും ഹൈഡത്തിനും ഹീര്യവും തന്നെയാ നമുക്കെല്ലാവർക്കും അറിയാം ഹൈഡ്രജനും ഹീരവും തകർന്നു കഴിഞ്ഞാൽ ചേർന്നു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ മുഴുവനും ഉരുകി ഒലിക്കാണ്ടുടങ്ങും ഈ നക്ഷത്രങ്ങൾ ചുരുങ്ങാണ്ടുടങ്ങും ചുരുങ്ങിയ നക്ഷത്രങ്ങൾ മുഴുവനും ഉരുകി ഒലിക്കാണ്ടുടങ്ങും ആ നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ആകാശത്തിൽ ഒരു പൊട്ടക്കിണറുണ്ടത്രേ ദ ബ്ലാക്ക് ഹോൾ തമോഹർത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അഗാധമായ കുഴിയുണ്ട് ആ കുഴിയിലേക്ക് നക്ഷത്രങ്ങൾ ഉരുകി ഉരുകിയതില്ല ദ്രാവകം ആ വീഴും നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ബ്ലാക്കി പൊട്ടക്കിണർ പോലെയുള്ള ഒരഗാധതയിൽ പതിക്കുമത്രേ ആ നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ഒരു സ്പൂണിന് കോരി കൊണ്ടുവന്നിട്ട് ആ ഒരു സ്പൂൺ ദ്രാവകം ഭൂമിയിലെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ആ ഒരു സ്പൂൺ ദ്രാവകത്തിന് ഏതാണ്ട് ഒരു ടൺ ഭാരമുണ്ടാകുമെന്ന് ശാസ്ത്രലോകം പറയുമ്പോ സഹോദരങ്ങളെ അത്ഭുതത്തോടെ കേൾക്കുക നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ഒരു സ്പൂണിന് തൂക്കിയെടുത്തിട്ട് അത് കൊണ്ടുവന്ന് ഭൂമിയിലെ ത്രാസിൽ നോക്കിയാൽ അതിന് ോളം ഭാരമുണ്ടാകുമത്രേ ഇത് കണ്ടുപിടിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറോടുകൂടിയാണ് ഈ സംഭവം കണ്ടുപിടിക്കപ്പെടുന്നത് ബ്ലാക്ക് ഹോൾ കണ്ടുപിടിക്കപ്പെടുന്നത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് അള്ളാന്റെ റസോലും അക്കയിലാറവികളോ ഓടിക്കൊടുക്കുകയാണ് കലാ കാര്യങ്ങൾ നീ ചിന്തിച്ചതുപോലെയല്ല പരലോകത്തെ കുറിച്ച് പറയുന്ന സൂഹത്തിൽ വാക്കയിലായത്താണ് അല്ല പറയുന്നു മനിച്ച നീ കരുതുന്നത് കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്ത് പറയുകയാണ് എന്തിനൊക്കെ ഞാൻ സത്യം ചെയ്യുന്നതെന്നറിയുമോ നക്ഷത്രങ്ങൾ ഉതിർന്നു വീരുന്ന നക്ഷത്രങ്ങൾ ചെന്ന് വീഴുന്ന ഒരു സ്ഥാനത്തെ പിടിച്ചിട്ട് ഞാൻ സത്യം ചെയ്യുകയാണെന്ന് ഖുർആൻ പറയുമ്പോ ഇമാകുന്ന ഇവിടെ വ്യാഖ്യാനം പറയുന്നത് അറാകരിവെന്ന് നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന നക്ഷത്രങ്ങൾ പോയി പതിക്കുന്ന സ്ഥലമാണിത് അള്ളാന്റെ ഖുറാൻ പരിഹാരം നൂറ്റാണ്ടു മുമ്പ് പറഞ്ഞു നക്ഷത്രങ്ങൾ പോയി വീഴുന്ന ഒരു കുണിയുണ്ടെന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ തിരുദൂതരേ അങ്ങാണല്ലോ നിങ്ങൾക്ക് ഇത് ഇന്ത്യക്കാരനായ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ അനുമാനം നടത്തിയത് ഡോക്ടർ ചന്ദ്രശേഖർ എസ് ചന്ദ്രശേഖർ ഈ ബ്ലാക്ക് ഹോളുകളൊക്കെ പറയുന്ന പേര് തന്നെ ഡോക്ടർ ചന്ദ്രശേഖരേഷ് ലിമിറ്റഡ് എന്നാണ് ഒന്നരണ്ടോവും കൂടിയുണ്ട് അതും കൂടെ പറഞ്ഞു നമുക്ക് പിരിയു പിന്നെ നമുക്ക് അതിന്റെ ആത്മീയവശങ്ങളിലോട്ട് കടന്നു അള്ളാഹു തോത്തേക്ക് നൽകിയത് നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴും ശാസ്ത്രം പറയുന്നു നക്ഷത്രം ഉരുകും ആ ഉരുകി വീഴുന്ന ദ്രാവകം ഒരു സ്പൂണിൽ തോണ്ടിയെടുത്തിട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് തൂക്കിയത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും ഒരു ടെണ്ണുണ്ടാവും കാരണം ബഹിരാകാശ ലോകത്തിന്റെ സാധനത്തിന്റെ ഭാരം കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ പറ്റില്ല കാരണം അവിടെ സാന്ദ്രത കുറവാണ് ഭൂമിയിലെ സാന്ദ്രതയല്ല മുകൾ ഭാഗത്ത് അതുകൊണ്ട് അതുകൊണ്ടാണ് ചന്ദ്രനിൽ പോയി ഇറങ്ങാൻ മനുഷ്യന് പറ്റൂല മനുഷ്യൻ ചന്ദ്രന്റെ കാലുകുത്തിന്നല്ലേ പറയുന്നത് അതൊന്നുകൊണ്ട മനുഷ്യൻ ചന്ദ്രനെ ഇറങ്ങി എന്നാണ് പറയുന്നത് അത് ചന്ദ്രന് കാലുകുത്തി നന്നായിട്ട് കേൾക്കും ഇത് കഴിഞ്ഞ പിൻഷാത്ത മലത്തുകൾ മരിക്കുന്ന കാര്യവും മറ്റു കാര്യവും കബറി നെടു നൽക്കുന്ന കാര്യമൊക്കെ നമുക്ക് പറയാം പക്ഷേ നമ്മള് മനസ്സിരുത്തണ്ടേ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയാൻ കാര്യം എന്താ കാലുകുത്താൻ പറ്റൂല അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചന്ദ്രനെത്തിയാ പഞ്ഞിക്കെട്ട് മാതിരി ഇങ്ങനെ പറഞ്ഞിടും കാരണം അവിടെ സാന്ദ്രത കുറവാണ് അതുകൊണ്ട് ചന്ദ്രനിലോട്ട് പോകുന്ന ആളുകൾ ഇവിടെ ഏതാണ്ട് പത്ത് വർഷത്തെ പരിശീലനം കഴിഞ്ഞിട്ടാണ് പോണം അതുകൊണ്ടാണ് കാലുകുത്തി എന്ന് പറയുന്നത് കാലുകുത്തിന് വലിയ പാട അങ്ങനെ നക്ഷത്രത്തെ കുതിർന്നു കീഴു ഇനി നിങ്ങൾ ഫ്ളാറ്റ് പഠിച്ചോളി അള്ളാഹു പറഞ്ഞു ഈ ഭൂമി മുഴുവനും ഭൂമി എന്താകും ഭൂമി തകർന്ന് തരിപ്പണമായി മാറും ഭൂകമ്പം അള്ളാഹുവിന്റെ റസൂല് ലോകാവസാനത്തിന്റെ അടയാളം വന്നപ്പോൾ പറഞ്ഞു കെസുറത്തിൽ ദിനാരം വർദ്ധിക്കും കള്ളുപുടി വർദ്ധിക്കും ഭൂകമ്പവും വർദ്ധിക്കും അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇത് രണ്ടും വർദ്ധിച്ച ഇത് രണ്ടും വർദ്ധിച്ച ഭൂകമ്പം വർദ്ധിക്കും ലഭിതങ്ങൾ പറഞ്ഞ് ദിന അധികരിക്കും വ്യഭിചാരം അധികരിക്കും കള്ളുകുടി അധികരിക്കും ഭൂകമ്പങ്ങളും അധികരിക്കും അപ്പൊ ഇത് രണ്ടും ഉണ്ടായാൽ ഇതാ ലീകൗല് ും കല്ലുകൂടിയും വർദ്ധിച്ചാൽ ആ സമൂഹത്തെ അല്ലാഹു ശുചിക്കർഹരാക്കി മാറ്റുമെന്ന് അള്ളാഹുവിന്റെ സഹോദരങ്ങളെ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുകയാണ് ഭൂമി തകർന്നു പോവുകയാണ് അള്ളാഹുവിന്റെ പ്രവാതകൻ ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞപ്പോ അള്ളാ നെറസൂർ പറഞ്ഞു ക്രമാതീതമായി ാമോ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച മനുഷ്യന് ഭൂമിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെത്തും ലോകാവസാനത്തിന്റെ അടയാളമായ പരിചയങ്ങളിൽ ഹറു ചൂട് വർദ്ധിക്കുക എങ്ങനെയാ ചൂടുണ്ടാവുന്നത് നമ്മൾ വെറുതെ വിചാരിച്ചിട്ട് പടച്ചോനെ ഇത് എന്തൊരു ചൂടാഹ് നമ്മളെപ്പോ രാത്രി കിടക്കാൻ എന്തൊരു ചൂടാ പടച്ചോനെ ഇത് പടച്ചോനായിട്ട് ഉണ്ടാക്കി തന്നതാ ആരാ ചൂട് വർദ്ധിക്കാൻ കാര്യം ചൂട് ക്രമാതീതമായിട്ടുവാൻ എങ്ങനെയാ ചൂടുണ്ടാക സൂര്യന്റെ ചൂടാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത് അല്ലേ സൂര്യന്റെ ചൂടാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത് സൂര്യനല്ലാതെ വേറെ സാധനവില്ല ചൂടുണ്ടാക്കുന്നത് എന്താ ഇത്രയും നാളി ഇത്രയും ചൂടില്ലായിരുന്ന സൂര്യൻ ഇതേ ചൂട് അങ്ങനെ അള്ള സൂര്യനെ പടച്ച അന്ന് പോലെ സൂര്യൻ ഇത്രയും ചൂടുണ്ട് ആ ചൂട് ഭൂമിയിലെത്തിയിട്ടില്ലെന്നേ പക്ഷെ ഇപ്പോഴങ്ങനെ ആകാശത്തിനൊരു ഗർഭപാത്രമുണ്ടായിരുന്നു ആകാശത്തിനൊരു ഗർഭപാത്രമുണ്ടായിരുന്നു സൂര്യന്റെയും ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യന്റെയും ഇളയിലുള്ള ആ ഒരു പാളി വെച്ചിരുന്നു ഓസോൺ പാളി ഓസോൺ വാളി എന്നാണ് അതിനെ പേടിയുക ആ ഓസോൺ വാളിന് സുചിരം സൂര്യന്റെ ചൂട് മനുഷ്യരിലേക്ക് നേരിട്ട് തട്ടാതെ അൾട്രാവയറ്റ് രശ്മികൾ നേരിട്ട് തട്ടാതെ സഹോദരങ്ങളെ അള്ളാഹു അവൻ എത്രയോ കാരുണ്യമുള്ളവനാണ് എന്റെ മനുഷ്യൻ ഭൂമിയിലേക്ക് തെറ്റുകയാണ് എന്റെ മനുഷ്യൻ ഭൂമിയിൽ താമസിക്കുകയാണ് അവരിലേക്ക് നേരിട്ട് സൂര്യന്റെ ചൂട് തട്ടിയാൽ എന്റെ അടിവേക്ക് പൊള്ളലേൽക്കു വേദി എത്ര കാരുണ്യവനാണ് ഇത്ര കരുണ ിട്ടും നിന്റെ മുമ്പിൽ സുരൂരി ഡെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്റെ അടിമകൾക്ക് ചൂട് കെട്ടാതിരിക്കാൻ ഓസോൺ ലൈറിനെ ഇടയ്ക്ക് തെറ്റിച്ചു മനുഷ്യന്റെ പാറ്ററിയിലെ പുകവാതകങ്ങൾ വിഷവാതകങ്ങൾ മനുഷ്യൻ തള്ളിവിട്ടപ്പോ ഈ ഓസോൺ ലെയറുകൾക്ക് വല്ലാതെ സുഷിരമുണ്ടായി സഹോദരങ്ങളെ മരങ്ങൾ വെറ്റിനിപ്പിച്ചപ്പോ കാടുകൾ മുഴുവനും വെറ്റി നശിപ്പിച്ചപ്പോ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന മുഴുവനും മനുഷ്യൻ വെറ്റി നശിപ്പിച്ചപ്പോൾ നടക്കപ്പെട്ടപ്പോ സൂര്യന്റെ ചൂടാവോ സോളേന് ഗർഭപാതത്തിന് സുശിരം വീണോ അതിലൂടെ സൂര്യന്റെ ചൂട് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വതിച്ചപ്പോ ആറു ദിവസം പ്രായമുള്ള കൊച്ചുകുഞ്ഞു മുതൽ അറുപത്തി ആറ് വയസ്സുള്ള വൃത്തങ്കര മാരകമായ ക്യാൻസറിന്റെ അടിമകളായി ആർ സി കഴിയുകയാണ് എങ്ങനെയാണ് സഹോദരങ്ങളെ ക്യാൻസർ വന്നത് പുകവലിച്ചിട്ട് ക്യാൻസർ വന്നതെന്ന് പറഞ്ഞിരുന്നു മുറുക്കിയിട്ടാണ് ക്യാൻസർ വന്നതെന്ന് പറഞ്ഞിരുന്നു ആറു ദിവസം പ്രായമുള്ള കൊച്ചുകുഞ്ഞ് എപ്പോഴാണ് പുകവലി ആരാണ് അവന് വീടിക്കുറ്റുകൊടുത്തത് ആരാണ് അവന് മുറുക്കാൻ വേണ്ടി അണ്ണാക്കിലേക്ക് പാട്ടും വെറ്റിലയും ചുണ്ണാപും മെച്ചിതം ചേർത്ത് വെച്ചത് എങ്ങനെയാണ് ആറ് ദിവസം പ്രായമുള്ള കുഞ്ഞിന് ക്യാൻസർ പിടിച്ചത് എന്റെ സഹോദരങ്ങളെ സഹോദരങ്ങളെ വെറുതെയല്ല സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളും നേരിട്ട് തൊക്കിലെ പതിച്ചപ്പോ അത് മാരകമായ ക്യാൻസറിന് കാരണമാകുന്നു അല്ലാതും ഒരു കണ്ടതുവരെ നമ്മളെ ഓരോരുത്തരെയും കാത്തുനെട്ടിക്കുമാറാകട്ടെ ഒരു ക്യാൻസർ െ കണ്ടുപോയി കുടിക്കാൻ വെള്ളം എടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ കഴിയില്ല ഞാൻ വെള്ളം കുടിച്ചിട്ടെത്രയോ വർഷങ്ങളായി ഞാൻ ചോദിച്ച് എന്ത് നിങ്ങൾക്ക് എന്ത് തേടി ആ മനുഷ്യൻ വരത്തേക്ക് ഉവളിൽ ചേർത്ത് വെച്ച കോർത്ത വിത്തങ്ങമാക്കുമ്പോ സുഖാറല്ല ും മരിക്കുന്നതുവരെ കാത്തിരിച്ചെ ഓണയിൽ ക്യാൻസർ വന്നിട്ട് വരത്തെ കവളിന്റെ ഭാഗത്ത് പപ്പടത്തിന്റെ വലിപ്പത്തിന് മാസം മുഴുവനും വിരിഞ്ഞു മാറി ഒരു വലിയ കുറയാണ് കാണുന്നത് ഒരു ഗ്ലാസ് വെള്ളം വായിലൂടെ കുടിച്ചാൽ കവളിന്റെ ദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകുന്ന ക്യാൻസർ രോഗി മാരകമാണിത് പടർന്ന് പിടിക്കുകയാണ് പടർന്ന് പിടിക്കുകയാണ് പണ്ട് രോഗങ്ങൾക്ക് ലക്ഷണമുണ്ടായിരുന്നു രോഗങ്ങൾക്ക് ലക്ഷണമില്ല രോഗങ്ങൾക്ക് ലക്ഷണമില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോയ സ്ഥാനാർത്ഥിയാണ് ലോകാവസാനത്തെക്കുറിച്ച് നന്നായിട്ട് ഗൗരവത്തോടെ പഠിച്ചുകൊള്ളുക ഈ ഭൂമി അഹങ്കരിക്കാനുള്ളതല്ല ഈ ഭൂമി മനുഷ്യ നിനക്ക് തമ്മിൽ നിന്റെ സ്വാർത്ഥതയുടെ പ്രവരമായി ഭൂമിയെ മാറ്റരുത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോയ സ്ഥാനാർത്ഥി വീട് വീടാന്തരം വോട്ട് ചോദിക്കുകയാണ് സ്ഥാനാർത്ഥിക്ക് നിരന്തരമായ സംസാരമാണ് വോട്ട് ചോദിച്ചുകൊണ്ട് നടന്നുപോയ സ്ഥാനാർത്ഥി ഒരു േദന വന്നു അയാൾ വിചാരിച്ചു ഏറെ നേരെ സംസാരിച്ചത് കൊണ്ടാണ് രാത്രിയിൽ രോഗം കൂടുതലായി നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർ പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ സ്ഥാനാർത്ഥിയുടെ മരം പ്രഖ്യാപിച്ചു അവൻ ആരടി മണ്ണിലേക്ക് പോയി ആറടി മണ്ണിലേക്ക് തിരിച്ചുപോയി ലക്ഷണമില്ലാത്ത രോഗങ്ങൾ പെരുകുന്നു ആരാണ് ഇതുണ്ടാക്കിയത് മനുഷ്യൻ ചെയ്ത് കൂട്ടിയ പ്രവർത്തനങ്ങളുടെ വൈകല്യങ്ങളാണ് അവന് തന്നെ പരീക്ഷണങ്ങളായി തിരിച്ചു വന്നത് ഓരോ നേരുകൾക്ക് സുശിരം വീണപ്പോ സൂര്യന്റെ മുഴുവൻ ക്രമാതീതമായി വർണ്ണിച്ചപ്പോ സഹോദരങ്ങളെ തന്മാർക്കിലൊക്കെ തൊണ്ണൂറ്റാറ് രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു കാർബൺ വാതകങ്ങൾ പുറം തള്ളരുത് ചൂടിനെ നിയന്ത്രിക്കണേ ചൂടിനെ നിയന്ത്രിക്കണേ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പറഞ്ഞു ചൂട് നിയന്ത്രിക്കണേ എന്തിനാണ് ചൂട് നിയന്ത്രിക്കുന്നത് മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സർക്കാർ പത്രസമ്മേളനം നടത്തിയത് മന്ത്രിസഭ ആയോ കൂടിയത് പസഫിക് മഹാസമത്വത്തിന്റെ അടിത്തട്ടിലാണ് മന്ത്രിമാർ മാസ്ക് വെച്ചിട്ട് പസഫിക് മഹാസമത്വത്തിന്റെ അടിത്തട്ടില് പത്രസമ്മേളനം നടത്തി മന്ത്രിസഭാ സമ്മേളനം നേപ്പാൾ സർക്കാർ മന്ത്രിസഭ കൂടിയത് ഹിമാലയത്തിന്റെ മുകളിലാണ് എന്തിനോ പസഫിക് മഹാസമത്വത്തിന്റെ ജലനിരപ്പ് ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ഒരടി ഉയർന്നു കഴിഞ്ഞാൽ മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യം പിന്നീട് ഈ ഭൂമിയിലുണ്ടാവുകയില്ല വിതവസ്ഥ ം ഒരു വെളിപ്പാടകലെ അത് സഹോദരങ്ങളെ ഒരു വെളിപ്പാടകലെയാണ് ഈ പസറി മഹാസമുദ്രത്തിന്റെ ജലനിരപ്പ് ഒരടി കൂടി ഉയർന്നു കിടഞ്ഞാലും മാലദ്വീപ് പിന്നെ ഇണ്ടാവുകയുള്ള വെള്ളത്തിന്റെ ഒരു രാജ്യത്തിലെ ജനങ്ങൾ മുഴുവനും മഹാസമുദ്രത്തിന്റെ ജലനിരപ്പ് നോക്കിയിരിക്കുമ്പോ തപ്പാലിലേക്ക് സുനാമി തകർത്താടുമ്പോ സഹോദരങ്ങളെ സൂര്യന്റെ ചൂട് നേരെ ഹിമാലയ പർവ്വതത്തിലടിക്കുന്നു അതിലെ മഞ്ഞ് കടികകൾ മുഴുവനും ഉരുകി വെള്ളമാകുന്നു ആ ഒരു വെള്ളം പസഫിക്കിലേക്ക് പതിക്കുകയാണ് ചൂട് കൂടിയിട്ട് മഞ്ഞുമലകുകൾ ഉരുകയാണ് ആ ഉരുകുന്ന വെള്ളം സമുദ്രത്തിലേക്ക് പതിക്കുകയാണ് ആ വെള്ളം നിറഞ്ഞിട്ട് സമുദ്രത്തിന്റെ ജലനിരപ്പങ്ങളാണ് ഉയർന്ന മാലദ്വീപ് എന്ന് പറയുന്ന ഒരു രാജ്യവും ജനങ്ങളും കടലിന്റെ ഇടയിൽ ആകുമെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അവരും നമ്മുടെ സഹോദരങ്ങളല്ലയോ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ അള്ളാഹന്റെ അള്ളാഹു പറഞ്ഞു അല്ലാഗ ീ പ്രപഞ്ചത്തെ ഞാൻ സിദ്ധിച്ചിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ ഞാനൊരു തുലാസ് പോലെ സന്തുലിതാവസ്ഥയിൽ നിർത്തിയിരിക്കുകയാലാസ് പോലെ തുലാസിന്റെ തട്ട് കണ്ടിട്ടുണ്ടോ ഏറ്റക്കുറവില്ലാത്ത തുലാസ് പോലെ ഒരു പ്രശ്നവും ഞാൻ ഇതിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അള്ളാഹു തുലാസിന്റെ സന്തുലിതാവസ്ഥ പോലെ നന്നായിട്ട് പടച്ചു വെച്ചിരിക്കുകയാ ഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത് ആ സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ഒരു കിലോമീറ്റർ എങ്ങാനും മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെക്കാൾ ഒരു കിലോമീറ്റർ കൂടി മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ഭൂമിയുടെ മുഗൾ ഭാഗം മുഴുവനും മഞ്ഞ് കണങ്ങൾ കൊണ്ട് ആവരണം ചെയ്തു പോകും ഈ ഭൂമി മുഴുവനും മഞ്ഞിന്റെ മുകളിലായിരിക്കും ഒരു സസ്യം പോലും നടാൻ കഴിയുകയും മറിച്ച് ഇപ്പോൾ നിർത്തുന്നതിനേക്കാൾ ഒരു കിലോമീറ്റർ താഴെയാണെങ്കിലോ ഈ ഭൂമിയിൽ ചൂട് കാരണത്താരെ കിടക്കാൻ പറ്റില്ല ഒരു സസ്യം പോലും ഉളക്കുകയില്ല ഒരു കിലോമീറ്റർ മുകളിലാണെങ്കിൽ ഹിമപാറ സ്ഥാനം പിടിക്കും ഒരു കിലോമീറ്റർ താഴെയാണെങ്കിലോ കത്തിക്കരിഞ്ഞു പോകും എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ തൊണ്ുമോനെ ഒരു കിലോമീറ്റർ മുകളിലല്ല ഒരു കിലോമീറ്റർ താഴെയല്ല ആശാരി തന്റെ ചെവിയുടെ ഭാഗത്തിരിക്കുന്ന പെൻസിലെടുത്ത് െ ജാമീയ കണക്കിന് പോരും തോൽപ്പിച്ചിട്ട് ഇത്ര കൃത്യമായിട്ട് സൂര്യനെ പിറ്റു ചെയ്തതാരാ ഇത്ര സുന്ദരമായിട്ട് സൂര്യനെ ഒട്ടിച്ചു വെച്ചതാരാ ലാഹോല വലാകൂത്ത ഇത്ര കൃത്യമായി വെച്ചിട്ട് അള്ള ഒരു ബോധം കിട്ടിലേതു അത് കുമാന്റെ തന്നെ വായിക്കുക അള്ളവ് പറഞ്ഞു ഞാൻ ഇതിനെയെല്ലാം നന്നാക്കി വെച്ചിരിക്കുകയാണ് വല തൃശുരൂറിഹാ ഈ ഭൂമിയെ ഞാൻ നന്നാക്കി വെച്ചതിന് ശേഷം മനുഷ്യ നീയായിട്ടതിൽ കുഴപ്പമുണ്ടാക്കരുത് ഞാൻ ഇതിനെ നന്നായിട്ട് നിനക്ക് ജീവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നീയായിട്ടതിൽ കുഴപ്പമുണ്ടാക്കരുത് ഇനി നീ ആയിട്ടതിൽ കുഴപ്പമുണ്ടാക്കരുതേ അല്ല ഒരു ബോർഡും വെച്ചു എന്താ ബോർഡ് ഞാൻ കൃത്യമായി വെച്ചിട്ടുണ്ട് വലിതൂപ്പില്ലാർ ഭയന്ന ഇച്ചിരാധിക ർ ഇത് പറയണം സഹോദര ലോകത്തോട് എന്തിനാ ഖുർആാനും വെച്ചിട്ട് അവള് വെറുതെ ഇരിക്കുന്നത് എന്തിനാ ഖുർആൻ എന്തിനുള്ളതാ ഇത് ഖുർആൻ ആണെന്ന് ലോകത്തോട് പറയണം ലോകത്തോട് പറയണം അള്ളയാണ് പറഞ്ഞത് കൃത്യമായി ഒരു കിലോമീറ്റർ മുകളിലും അല്ല ഒരു താഴെയല്ല കയ്യില് വെട്ടളന്ന കുമാരി സൂര്യനെ കൊണ്ട് വെച്ചു എന്നിട്ട് അവളെ പറഞ്ഞു മീസാൻ കാത്തുപോലെ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത് അള്ളാഹു കുഴപ്പങ്ങൾ ഉണ്ടാകും എനിക്കല്ല ഉപ്പിക്ക് നൽകട്ടെ നമ്മൾ ഉണ്ടാക്കിയ കുഴപ്പം എന്താ ഭൂകമ്പം വലുതാകുന്നു സൂര്യന്റെ ചൂട് വർധിക്കുന്നു വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു ദേവിയേട്ടം ഉണ്ടാകുന്നു തകർന്ന് തരിപ്പണമാകുന്നു ജപ്പാ മാറുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ കാരണം എന്താ കാരണം നമ്മൾ പ്രശ്നമുണ്ടാക്കി നമ്മൾ എന്ത് ചെയ്തു കുന്നുകൾ മുഴുവന് ഇടിച്ചു നിരത്തി സർവ്വതം ഇടിച്ചു നിരത്തി പർവ്വതങ്ങൾ മുഴുവൻ ഇടിച്ചു നിരത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഫ്ളാറ്റ് വേണു ഫ്ളാറ്റ് വേണ്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു സഹോദരങ്ങളെ നമുക്കറിയാം പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താ ഔതാദ പർവ്വതത്തെ ഞാൻ ഭൂമിക്ക് ആണിയാക്കി വെച്ചിരിക്കുകയാണ് അല്ല പറഞ്ഞ പർവ്വതം എന്ന് പറഞ്ഞ ആണിയാണ് നമ്മളൊരു സാധനം കൊണ്ടുപോയി ഭിത്തിയിൽ ചൂക്കുമ്പോ അതിനകത്ത് ആണി അടിച്ചെണ്ണു ഇല്ല ആണി ഊരിക്കും പർവ്വതം ഭൂമിയുടെ ആണിയാണ് ആണി ഊരു കുന്നുകൾ മുഴുവനടിച്ച് പരത്തിക്കിഞ്ഞാൽ എന്റെ സഹോദരനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമി ഇരിക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാണ് അല്ലേ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു വസ്തു എപ്പോഴും ആടും സയൻസ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ല വെള്ളത്തിന്റെ മുകളിൽ ആ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു ഭൂമി ഭൂമി ആടു അപ്പൊ ഇതാ ദുർജിലും മനസ്സിലാകണുണ്ടോ ഇതാ ദുർജിലർന്ന് തിരിച്ചാലേ ആ ഭൂമി കിടുകിടാ വിറക്കെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആണി മുഴുവൻ ഊരി ഊരിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം സാധനം അടുത്ത മനസ്സിലായേ പള്ളാന്റെ റസൂല് പറഞ്ഞു അക്കിരി മുല്ല ഉമ്മുക്കും ഭൂമി നിങ്ങളുടെ ഉമ്മയായ ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഭാരതമാതാ എന്ന് പറയുന്ന സങ്കല്പല്ല ലോകം മുഴുവനും നമ്മുടെ മാതാവാണ് റസൂല പറഞ്ഞു അക്കിരിമുൽ അറള ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണം ഇന്ന ഉമ്മുക്കും നിങ്ങളുടെ ഉൾമയാണ് ഉമ്മയുടെ ശാപം കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ ബാധിക്കൂ